കൃഷിക്കാരന്റെ പുഷാർത്ഥ വില അയാളുടെ പ്രയർ അതാണ് പുരുഷാർത്ഥം അതൊരു മറുപടി പറഞ്ഞത് അത് മേഘത്തിന്റെ പുരുഷാർത്ഥം അത് കൃഷിക്കാരന്റെ പുരുഷാർത്ഥത്തേക്കാൾ വരുന്നതാണ് അത് ജയിച്ചു ബലമുള്ള പുരുഷാർത്ഥം ജയിച്ചു അതാണ് കൂടെ സംഭവിച്ചു അപ്പൊ ചോദിച്ചു എങ്ങനെയാണ് വ്യാഖ്യാനത്തിനാണ് പാട്ട് മേഘത്തിനങ്ങനെ ദേവതയുണ്ട് നമ്മുടെ വിശ്വാസമനുസരിച്ച് അത് ഇന്ദ്രൻ എന്ന് വയ്ക്കുക ഇന്ദ്രന്റെ പുരുഷാർത്ഥം ഇന്ദ്രന്റെ പുരുഷാർത്ഥത്തിനാണ് ബലം അതുകൊണ്ട് അത് ജയിച്ച് മനുഷ്യന്റെ പുരുഷാർത്ഥത്തിനൊക്കെ പുരുഷ പുരുഷനാക്കിയതാണ് അതത്ര യുക്തിരായി സഹിതമായി തോന്നി ചെയ്ത മനുഷ്യന്റെ കർമ്മത്തിന്റെ ഫലമാണ് ഒരു കൃഷിക്കാരൻ അധ്വാനിക്കുന്നു ഇടപെടുന്നു അയാളെ എവിടെ നശിക്കാൻ വേണ്ടിയിരുന്നു പാപകർമ്മവും ചെയ്തു എന്ന് ചോദിച്ചാൽ പറയും അത് പൂർവ്വകർമ്മത്തിന്റെ അപ്പോൾ പറഞ്ഞതെന്ന് പറയുന്നത് പുരുഷാർത്ഥമാണ് പുരുഷപ്രയത്നമാണ് കുറവാകും പുരുഷപ്രയത്നമാണോ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അതുപോലെ അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രകൃതി ദുരന്തങ്ങൾ ഇതൊരു പ്രകൃതി ദുരന്തവും മനുഷ്യനേക്ക് പോലെ കഷ്ടപ്പാട് ഈശ്വരൻ ീശ്വരൻ ഈ പ്രകൃതി ദുരന്തം ഇത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തിയത് സമാധാനം പറയും പക്ഷേ മാത്രമല്ല ഉള്ളത് ഈശ്വരനിലേക്ക് സൃഷ്ടിച്ചത് ഏത് ആ ഇതാണ് ഈശ്വരൻ ഈശ്വരൻ ദുരന്തം ഈശ്വരൻ ഇങ്ങനെ രക്ഷകനായിരിക്കുമ്പോ ഈ ദുരന്തങ്ങൾക്ക് അപ്പോഴാണ് എൻ്റെ കൂടെ ദുരന്തം വന്നത് അതുമായിട്ട് ബന്ധപ്പെടുന്ന ഞാൻ പറഞ്ഞു നമ്മുടെ കണ്ണിന് മുമ്പിൽ ദുരന്തം തടഞ്ഞു ഈശ്വരൻ രക്ഷകനായിട്ടുണ്ട് അപ്പൊ ഇതിനെന്ത് സമാധാനം നിങ്ങൾക്ക് എന്തിന് സമാധാനം ഇത് രണ്ടും കൂടെ എന്തെങ്കിലും സമ്മാനം കണ്ടെത്തിയിട്ടുണ്ടോ ആരെങ്കിലും പേടിച്ച് പറയാതിരിക്കില്ല ഞാനിതൊക്കെ പറയുന്നതും ചിലപ്പോ കുറച്ച് കടുത്ത ഭാഷയിൽ പറയുന്നു ഇതൊക്കെ ഒന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങള് മോശമാക്കാൻ വേണ്ടിട്ടുണ്ട് ആരും മോശക്കാറില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോവിച്ചാലേ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ എന്തെങ്കിലും ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിയിരിക്കും നിങ്ങളൊന്ന് ഉണർത്താൻ വേണ്ടിട്ടാണ് ഞാൻ കടുത്ത വാക്കൊക്കെ പോയത് അനോധം കൊണ്ടല്ല അല്ല അതിപ്പോ മനുഷ്യന്റെ വിവേം കൂടെ എന്ത് പ്രയോഗിക്കുകയാണ് വലിയൊരു ദുരന്തമൊന്ന് ആൾക്കാരൊക്കെ മരിച്ചു ആ പറയുന്നത് എന്താണ് അവിടെ മുന്നറിയിപ്പ് കൊടുത്തു എന്നിട്ട് ആൾക്കാർ മാറിയല്ലേ അതിനകത്ത് ഒരുപാട് പ്രശ്നം ഒന്ന് ഈ മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയുന്നത് സ്റ്റാറ്റുട്ടറി വാണിങ്ങിയാണ് അല്ലാതെ ഇവിടെ ഉപരുൾപ്പെട്ടാൻ പോകുന്നു ഇത്ര നാശനഷ്ടം ഉണ്ടാകും ആ അത് ഇത്ര തീവ്രതയുള്ളതാണ് അവിടെ നിന്നും മാറിയിരിക്കുന്നു അങ്ങനെ കൊടുത്തിട്ടില്ല നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ വരും ഇനി മൂന്ന് ദിവസത്തേക്ക് കൊല്ലം ജില്ലയിൽ മഴയാണ് ഇതുപോലെ ഒരു മുന്നറിയിപ്പ് അവിടെ ഇത് സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ ഇതൊരു വകുപ്പുണ്ട് കേരളത്തിൽ അവരിങ്ങനെ വിട്ടോണ്ടിരിക്കും മെസ്സേജുകൾ അത് സ്ഥിരം വന്നുകൊണ്ടിരുന്ന നമ്മളത് എന്താണ് പുതി വരുന്നെന്ന് വിളിച്ച് അതുപോലെ അതേ കവിഞ്ഞ അതിനപ്പുറം ഒരു വാണിംഗ് കൊടുത്തിട്ടില്ല കൃത്യമായിട്ട് ഏഹ് ആ സംഭവിച്ചതിനുശേഷം അതെല്ലാം അത് നമുക്ക് വ്യക്തമാണ് കാരണം ഈ വാണിംഗ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലെ ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വാണിംഗ് കൊടുക്കുകയാണ് സാറ്റിലൈറ്റ് അതിനും അറിയുന്നത് അവിടെ തന്നെ എൻ്റെ ആ തീരപ്രദേശത്തുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ മാറ്റി താമസിപ്പിക്കുക അതാണ് വാണിജ്യം എന്ന് പറയുന്നത് അവിടെ മാറ്റി താമസിപ്പിക്കുക അതുകൊണ്ടാണ് മരിക്കാത്ത ഇപ്പം സ്ഥിരം നടക്കുന്ന കാര്യമാണ് കാരണം കൃത്യമായി ഒരു സാറ്റലൈറ്റ് ഒരു സൈക്ലോൺ പ്രൊഡിക്റ്റ് ചെയ്യാൻ അത് പിന്നെ നമ്മൾ കാണാം ആൾക്കാരെയൊക്കെ മാറ്റി താമസിച്ചതിനു ശേഷം ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും പക്ഷെ മനുഷ്യന് ജീവൻ നഷ്ടം അതാണ് വാണിജ്യം മ്മടെ ഈ മൊബൈൽ വരുന്നതുപോലെയുള്ള വാണിംഗ് ഒന്നും വാണിംഗ് ഞങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല ഒരാളോട് പറയുന്നത് നാളെ നിങ്ങൾ മരിക്കാൻ പോവുകയാണ് ഇവിടെ താമസിക്കാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം വരിപ്പിറകി ഓടും അതിനെന്താ സംശയം അങ്ങനെ ഒരു അത് വാണിംഗിന്റെ വാല്യു അത് വാണിജ്യന്റെ സത്യാവസ്ഥ അതാണ് അങ്ങനെ ഒരു വാണിംഗ് വന്നാൽ സൈക്ലോൺ വാണിംഗ് പോലെ ഓടും അങ്ങനെ ഒരു വാണിംഗ് കൊടുക്കാൻ കൊടുക്കുമെന്ന് പറയുന്നത് തന്നെ തികച്ചും അസംബന്ധമാണ് കാരണം അങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുന്നതിനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തില്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞാൽ എന്താണ് അവിടെ വാണിംഗ് കൊടുക്കുന്നതിനുള്ള സംവിധാനം ചോദിച്ചാൽ അതിൻ്റെ മെഷീനറികളാണ് കൊണ്ടുവരുന്നത് വിദേശത്തുള്ളു അവിടെ കൊണ്ടുവന്ന അതൊക്കെ മണ്ണിന് അതിന്റെ മെഷീനൊക്കെ വെച്ച് റീഡ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കില്ല വിജയകരമായ ഒരു സംവിധാനമില്ല പലതും പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വിജയകരമായ സംവിധാനം നമുക്കില്ല അതുകൊണ്ട് വന്നാൽ നമ്മളറിയില്ല പിന്നെ എങ്ങനെയാണ് വാങ്ങിക്കൊടുക്കും മഴ പെയ്തായിട്ട് ലാൻഡ് സ്ലൈഡ് വരണമെന്നില്ല ലാൻഡ് സ്ലൈഡ് വരണമെന്ന് വ്യക്തമായ ഉപകരണങ്ങൾ വേണം പല ഉപകരണങ്ങളും പാറയുടെ വൈബ്രേഷൻസ് മനസ്സിലാക്കുന്നത് മണ്ണിന്റെ കഠിനം മനസ്സിലാക്കുന്ന പല ഉപകരണങ്ങളും ആ ഭാഗത്ത് അത് ആൽസപർവ്വതത്തെ പിറ്റേറ്റുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടേക്കത് ഒഴിവാക്കുന്നുണ്ട് അല്ല നമ്മുടെ ഇവിടെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അവർ ഇതുവരെ വരുന്ന ഹിമാലയത്തിൽ നടക്കുന്നു അവിടെ വാങ്ങിക്കൊടുത്താൽ മതിയായിരുന്നു എന്താ അവിടെയും കുറെ പേര് മരിച്ചല്ല അവിടെ വാങ്ങിക്കൊടുക്കും അങ്ങനെ ഒരു സംവിധാനം മണ്ണിൽ വേണം കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഏ ഇന്ത്യയിൽ ഒരിടത്തും സക്സസ് ആയിട്ട് ഇല്ല ഉണ്ടെന്ന് വെച്ചാൽ അത് വിജയകരമായി ചെയ്യണം ഇവിടെ എന്തെങ്കിലും മോർണിംഗ് കൊണ്ടുവച്ചാൽ അതുവഴി ആന പോയാലും പറയുന്ന ലാൻഡ് സൈഡ് വരുന്നു ആനാണെന്ന് പോയാൽ അത്രയൊക്കെയോ ഒന്നും സക്സസ് വിജയകരമായിട്ടുള്ള പരീക്ഷണ അടിസ്ഥാനത്തിൽ കഴിഞ്ഞു അതൊരു കാര്യമില്ല അതുകൊണ്ടെ അത് മറ്റൊരു കാര്യം അപ്പോ എന്താണ് ഇത് മനുഷ്യന്റെ കുറ്റോ എന്നാണ് പറയുന്നത് ദൈവം നമ്മളെന്ത് ചെയ്യാനോ രാത്രി വിടിക്കിടന്ന ആൾക്കാരെ വെള്ളം കൊടുത്തുകൊണ്ട് പോകുന്നത് മനുഷ്യരെന്താ പ്രയത്നിക്കുന്നത് ആ അവിടെയാണ് ഈ ചോദ്യം ദൈവം എന്തുകൊണ്ട് ഇടപെട്ടില്ല നല്ലവനായിരിക്കും സമാർ ഒന്നുമില്ലെന്നാണ് സാറിന് ഒരാള് ആ മരിക്കൽ നടത്തിയ ദൈവം എന്തിനാണ് അവിടെ അങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യമുണ്ട് എന്നാ ചോദിച്ചു ആ എന്താണോ അത് റീസണബിൾ അല്ല എന്ന് പറയേണ്ടി അങ്ങനെ വന്നത് വലിയ പ്രശ്നമാണ് ലോകം മുഴുവൻ ഈ ഡിബേറ്റുകളൊക്കെ നടത്തുന്ന നിർത്തേക്ക് എന്നിട്ട് പറയുന്നത് എന്താണോ അതിന്റെ ആവശ്യ നമുക്ക് ഇതിനകത്ത് തന്നെ പറയാൻ പറ്റും പുറത്ത് പറയാൻ പറ്റും നമ്മൾ രണ്ടുപേരും പറഞ്ഞാൽ പോരാ ലോകം ഇന്ന് ആവഴിക്കാൻ നമുക്ക് ലോകത്തെ കുറിച്ച് അറിവില്ലാത്തതെന്ന് പറയും അത് ലോകം മുന്നോട്ട് ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ് നമ്മൾ രണ്ടുപേരും പരസ്പരമാണ് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമില്ല എന്നു പറഞ്ഞ നമ്മള് എന്താണ് നാസ്തി ഇല്ലാത്ത മുമ്പില് മുട്ടുമുടക്കി ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ പറയുന്നതെല്ലാം അബദ്ധമാണെന്നവർ പറയും ഞങ്ങൾക്കിതിനൊന്നും ഉത്തരം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊരും നാസ്തികന്മാർ പറയും നിങ്ങൾക്ക് ലോകത്തിനെ മുഴുവൻ പറ്റുകയാണ് ദൈവത്തിൻ്റെ പേരിലെന്ന് പറയും അപ്പൊ നമ്മളെന്തോ സമൂഹത്തിൽ ഇറങ്ങി മതപ്രഭാഷണം നടത്തുമ്പോഴാണ് അവിടെ നമ്മൾ ഇത്തരക്കാരെയും കണ്ടുമുട്ടും എന്താണ് ഇത് അംഗീകരിക്കാത്ത നമ്മൾ അവിടെ നിന്ന് വാരി പിടിച്ചോടേണ്ടി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി അതുപോട്ടെ സമൂഹത്തിന്റെ ഇത് വേണ്ട നമ്മൾ ചെറിയ കുട്ടികളെ ഒഴിച്ചെടുത്തിട്ട് എന്താണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവരെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടികളുടെ മുമ്പിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയാതെ അപ്പൊ ക്ലാസ് മുതൽ എഴുന്നേറ്റ് പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട് കാരണം ആ ചോദ്യം തരുന്ന ഒരു നാസികയിൽ നിന്ന് മാത്രമാണ് വരുന്നത് ഒരു ജിജ്ഞാസായ ഒരു ചെറിയ കുട്ടി ചോദിക്കും എല്ലോടും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു അപ്പൊ നമ്മള് ചെയ്യുന്ന ജോലി ചെയ്യാൻ നമ്മൾ യോഗ്യരല്ലാതായിരിക്കും ഏ അതാണ് അങ്ങനെ ഒരു ചോദ്യം നമ്മള് കുറച്ച് കുട്ടികളെ കൂട്ടി എത്തി അവരെ നമ്മൾ വലിയ എന്താണ് എജ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവര് നമ്മളോട് ചോദിക്കും ഇതേ ചോദ്യം നാസിയൻ മാത്രമല്ല ചോദിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യതയിരുത നിങ്ങൾ ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോധവൽക്കരിക്കാൻ ആളഘട്ടത്തിൽ ഈ പണി നിർത്തരുത് അപകടങ്ങൾ നിഷേധാത്മകമായി ഒരു പ്രശ്നത്തെയും നമുക്ക് സമീപിക്കാൻ പറ്റിയിട്ടാണ് അത് നമ്മുടെ തെറ്റായ ഒരു പ്രശ്നത്തെയും നമുക്ക് അങ്ങനെ നിഷേധാത്മകമായി ശ്രമിക്കാം ആരെങ്കിലും അതൊരു ഡിബേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തേ പറ്റും അത് നമ്മുടെ ഭാഗത്തുള്ള ഒരു ബാധ്യതയാണ് നല്ല രീതിയിൽ നമ്മൾ പറയണം ഇതൊക്കെ എന്റെ വിശ്വാസം ഞാൻ എൻ്റെ വിശ്വാസമായി ജീവിക്കുന്നു ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ വിശ്വാസമായിട്ട് ജീവിക്കുക അത് വേറെ ആരും നമ്മൾ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾ നാസികന്മാരെ ബോധ്യപ്പെടുത്താൻ പോകത്തില്ല അവിടെയാണ് പ്രശ്നങ്ങൾ കൊച്ചു കുട്ടികളെ ബോധ്യപ്പെടുത്താച്ചാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ചോദിച്ചെന്ന് പറഞ്ഞു അപ്പൊ നമ്മളവിടെ മറുപടി പറയാൻ ബാധ്യസ്ഥനാകും അല്ലെങ്കിൽ എന്താണ് സമയക്കുറവുകൊണ്ട് പ്രഭാഷണം ചുരുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ തടി രക്ഷിക്കേണ്ട അവിടെയാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഇത് എന്തൊരു സമാധാനം പറയാൻ പറ്റും നിങ്ങളത് വായിച്ചിട്ടൊന്നും ഒന്നും കിട്ടിയില്ല അവിടെ എന്താ സമാധാനം പറയു നിങ്ങളുടെ മറുപടികളും പറയല്ലോ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചിരിക്കും അവിടെ പറയുന്നു മറുപടി ഞാൻ പറഞ്ഞ സ്ഥലത്ത് എന്ത് മറുപടി പറഞ്ഞു ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം അത് വായിച്ച് മനസ്സിലാക്കാതെ വരെ കൂടെ ഒന്ന് എന്നോട് തർക്കിച്ചിട്ട് കാര്യം ലോജിക്കൽ ആദ്യം പഠിക്കുന്നതാണ് എന്താണ് ആർഗുമെന്റ് എന്ന് പറയുന്നത് തർക്കം എന്താണ് രണ്ടും രണ്ടാണ് നമ്മുടെ പക്ഷങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുക അത്രേ ഉള്ളൂ അതിനകത്ത് തർക്കമില്ല തർക്കം വേറെയാണ് ആർക്കും പെറ്റലെന്ന് പറയുമ്പോൾ അതാണ് വിഷയത്തെ കുറിച്ച് നമ്മുടെ ഭാഗങ്ങളെ അവതരിപ്പിക്കുക മറുപക്ഷത്തിരിക്കുന്നവര് അവരുടെ ഭാഗങ്ങൾ അവതരിപ്പിക്കുക എന്നിട്ട് അതിന് ചില മാനദണ്ഡങ്ങളും അതിന്റെ ശരിയെ തെറ്റും തീരുമാനിക്കുന്ന ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു കൺക്ലൂഷനിലെത്തിച്ചേരുന്നു അതാണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കില്ല അത് ഇത് ആ യോജിക്കെന്ന് പറയുന്നത് അതാണ് യോജിക്ക പഠിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ ഭാഗം എന്റെ ഭാഗം അതിനൊന്നും അവിടെ നമ്മളീ പറയുന്ന തർക്കമില്ല നമ്മളെ കൊണ്ട് ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കേണ്ട അങ്ങനൊരു തർക്കം അവിടെ ഇല്ല അതോ കാര്യങ്ങൾ പറയുക മറ്റേയാൾക്ക് എന്താണോ അതിനു ഉടനെ മറ്റേ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് കേ നമ്മുടെ ഭാഗത്ത് ഡിഫൻഡ് ചെയ്യുക അത് നമ്മൾ പറയുക അവസാനം ഒരു കൺക്ലൂഷൻ എത്തുക അത് രണ്ടുപേരും യോജിക്കാം യോജിക്കാതിരിക്കുക രണ്ട് സംബന്ധിച്ച് ഇത്രയുള്ള അപ്പൊ അവിടെ പറഞ്ഞിരുന്ന എന്താണ് ഈ ഒരു വിഷയത്തിന് ഈ പറയുന്ന ആള് പ്ലാന്റിങ് കാസ് ആരെ ആരും വായിച്ചു നോക്കില്ല വായിച്ചിട്ട് മനസ്സിലായില്ല െന്ന് പറയുന്നത് എവിടെ മോറൽ പ്രോബ്ലം ഇവിടെ അതിനാണ് ഫ്രീവിൽ വീഴ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഫ്രീവിൽ വന്നിട്ടില്ല ആ പറഞ്ഞ ശരിയാണ് എല്ലാവരും വായിച്ചിട്ടുണ്ട് നല്ലതായി അതായത് ഞാൻ ഒരാളിപ്പോ വേറെ തന്നെ കൊല്ലുന്നു അതാണ് മോറൽ പ്രോബ്ലം ഇവിൽ അവിടെ ആവരുന്നത് ഞാൻ വേറെ തന്നെ കൊന്നുകഴിഞ്ഞ അവര് നല്ലവനായ ദൈവം ഇരിക്കാൻ ഞാൻ അങ്ങനെ കൊന്നു വരുത്തല്ലേ എന്നുള്ള അപ്പൊ അതിന് അദ്ദേഹമല്ല പലരും പറയുന്നതാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എല്ലാ മുസ്ലിം തിയോളജിസ്റ്റുകളും പറയുന്ന അത് ദൈവം മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചിട്ട് അവർക്ക് ഫ്രീവിൽഡ് കൊടുക്കുക അവർക്ക് ചോയ്സും ചുരുക്കി പറഞ്ഞു ഈ ഫ്രീവിൽഡെന്ന് പറയുന്ന തീരുമാനിക്കാൻ വലിയ പ്രയാസമുള്ളതായി അതിനകത്ത് ഒരുപാട് ഇതാണ് അത് അതിനെ ഡിഫൈൻ ചെയ്യുന്നതന്നെ വലിയ പ്രയാസം കൃത്യമായിട്ട് എന്താണ് ഫ്രീവിൽ എന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായവും നമുക്കതൊരു ചോയ്സ് എന്ന് മാത്രം മനസ്സിലാക്കും അങ്ങനൊരു ചോയ്സ് അയാൾക്ക് കൊടുക്കുന്നു അയാൾക്ക് നല്ലതും ചെയ്യാൻ ചീത്തയും ചെയ്യും ദൈവം കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അയാള് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് പാടും അതുകൊണ്ടായത് എന്താണ് അയാളുടെ ഒരുപാട് സ്വന്തം ചീത്ത ചെയ്തു കഴിഞ്ഞാൽ പണിഷ് പണിഷ്മെന്റാണ് പണിഷ് ചെയ്യും അതാണ് നിര അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു മനുഷ്യൻ ആ ഒരുപാടിന് വേണ്ടി നല്ലത് ചെയ്യുന്നു അപ്പോ ഒരു മനുഷ്യന് വേറെ ആളൊക്കെ നടത്തില്ല ഇതാണ് പുള്ളിയുടെ ആർഗം അത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ മോറൽ പ്രോബ്ലം ആ മോറൽ പ്രോബ്ലം ലോജിക്കൽ പ്രോബ്ലം എവിഡൻഷ്യൽ പ്രോബ്ലല്ല ലോജിക്കൽ പ്രോബ്ലം രണ്ടാണോ ലോജിക്കൽ പ്രോബ്ലം മറ്റൊന്ന് എവിഡൻഷ്യൽ പ്രോബ്ലം അതിൽ തന്നെ മോറൽ പ്രോബ്ലം ഇനി നാച്ചുറൽ പ്രോബ്ലം വരുന്നു അതാണ് ഈ പറയുന്നത് ഇത് തന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന് ഡീപങ്ക് ചെയ്യുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഒന്ന് പറയാമോ വായിച്ചാർക്ക് ശരിയല്ല അങ്ങനെ ഞാൻ വായിക്കാറുണ്ട് ഇതെങ്ങനെയാണ് എതിർ കക്ഷിക്കാർ ഡിബങ്കിങ് ഇതിന്റെ എങ്ങനെയാണ് ആ ഒരു കാര്യം വായിച്ചത് അറിഞ്ഞില്ല അതായത് ഒന്നും പല കണ്ടുമ്പോ അതിന്റെ ഡിസ്പ്രഷൻ അങ്ങനെ പോയിക്കൊണ്ടേ എന്നാലും ഒന്ന് പറയുന്ന ഇതാണ് ഇപ്പൊ ഒരുത്തൻ വേറിത്തനെ കൊണ്ടുവന്നു എന്നിട്ട് അവനൊരുപാട് കൊടുത്തു അവന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അവര് നല്ലത് എന്താണ് ദൈവത്തിനെയും ലോകത്തിന്റെ അങ്ങ് സ്വർഗമാക്കിയ പോലെ ഈ പ്രശ്നമില്ല ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ചോയ്സ് കൊടുത്ത് അവനെ കൊണ്ട് നല്ലതുമാത്രമല്ല നല്ലതും ചീത്തയും ചെയ്യിച്ച് നല്ല പല സ്വർഗത്ത് കൊണ്ടുപോകുന്നതിന് നല്ല എന്താണ് ഈ ലോകത്തെ നമ്മൾ ചിന്തിക്കുന്നതിലൊരു യുക്തി ഉണ്ടാകും നോക്കിയാൽ അത് സ്വർണ്ണമായി ഒന്ന് സൃഷ്ടിക്കും അപ്പൊ പിന്നെ ഇത്രയും കഷ്ടപ്പാടുണ്ട് ഡയറക്ട് ലോക സ്വർഗം അപ്പൊ പിന്നെ ഫ്രീവില്ല ആവശ്യമുണ്ട് നല്ല ദൈവം ചെയ്യാൻ പറ്റും ഇത് ഇതിന് പല പല മറുപടി മറുപടികളാണ് നമ്മൾ രക്ഷയുള്ള മറുപടികൾ പറയുന്നത് എന്താണ് അതങ്ങനെ ചെയ്ത് ശരിയാവില്ല മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം എന്താണ് അവനെ ശുദ്ധീകരിക്കുന്നു അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഒരു വാർത്ത അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെയ്യുന്നു ഇവിടെ നല്ലത് ചീത്തി അവൻ്റെ അത് ഉപയോഗിക്കുന്നു നല്ല പ്രവൃത്തി ചെയ്ത് അവൻ ശുദ്ധീകരിച്ച് അവനെ എവിടെ എത്തിച്ചേരണം സ്വർഗത്തിലെത്തിച്ചേരണം അതിനു വേണ്ടിയിട്ടാണ് ചിട്ടിച്ചിരിക്കുന്നത് അങ്ങനെ പല പല അഭിപ്രായങ്ങൾ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോ ഫ്രീ വില്ലെന്ന് പറയുന്നത് പിന്നെ അതിലേറ്റവും ഇതായി വരുന്നത് ഫ്രീ വില്ലെന്ന് പറയുന്ന എന്താണ് അങ്ങനെ ഒന്നുണ്ടോ മനുഷ്യൻ ശരിക്കും ഫ്രീ വില്ലെന്ന് പറയുന്നത് എന്താണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു സബ്ജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തീരുമാനമാകാത്തതാണ് ഒരു സബ്ജെക്റ്റാണ് ഫൈവില് എന്ന് പറയുന്നത് എന്താണ് അത് മനുഷ്യം ഇല്ലെ പക്ഷെ അതിന്റെ ഡയറക്ട് ആൻസർ ഇതാണ് ദൈവം ഈ എന്ന് സൃഷ്ടിച്ചാൽ മതി ഞാൻ എന്തിനേ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ ദൈവം തന്നെ ഒരാൾക്ക് തിന്മ ചെയ്യുന്നതിനുള്ള ചോയ്സ് കൊടുക്കുകയാണ് തിന്മ ചെയ്യുന്നതിനുള്ള ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ആദ്യത്തെ കണ്ടു ദൂതന്മാരെ ഒന്ന് എങ്ങനെ വന്ന് കഷ്ടപ്പെടുത്തി ജീവനോട് പല്ലപോലെ അവസാനം ജീവനോട് തീനിട്ടിട്ടുട്ട് ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാമോ അങ്ങനെയൊക്കെ പീഡിപ്പിച്ച് അറുപത് ലക്ഷം പേരൊക്കെ അപ്പൊ ഈ അറുപത് ലക്ഷം പേരെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊല്ലാൻ വേണ്ടി ഹെൽത്ത് ഒരു ചോയ്സ് കൊടുത്തരാശ്വരനോ എന്തുകൊണ്ട് ഫ്രീ വില് അയാൾക്ക് അതും ചെയ്യാം അപ്പോ ഈ ദൈവത്തിന് ഇയാളുടെ മനസ്സിൽ ആദ്യം എന്ത് വന്നിരിക്കുന്നു ഈ ഫ്രീ അതൊരു ഇന്റൻഷൻ വരും ഫ്രീ വില്ലാറ് മനസ്സിലൊരു ഇന്റൻഷൻ കിട്ടുന്ന ഇന്റൻഷൻ വന്ന് അയാള് പിന്നെ ആരംഭിക്കുകയാണ് ഇയാൾക്കെതിരെയുള്ള ചോയ്സ് കൊടുത്തപ്പോ എന്താണോ ഈ അറുപത് ലക്ഷം പേരോട് ദൈവത്തിന് കർണ ഉണ്ടായി അറുപത് ലക്ഷം ആൾക്കാരോട് ഇയാൾക്ക് ചോയ്സ് കൊടുത്ത് ശരി അറുപത് ലക്ഷം പേരോട് ദൈവത്തിന് തന്നെയുണ്ടായി ഒരാൾക്ക് ചോയ്സ് കൊടുക്കും കാരണം ഈ അറുപത് ലക്ഷം പേര് രക്ഷപ്പെട്ടില്ല അന്ന് യൂറോപ്പിലെ ദൂതന്മാരുടെ ജനസംഖ്യ ഇയാൾ ഈ ഒരു കോടിക്ക് എടുക്കൂന്നിൽ ഒരാളെ ശേഷിച്ച് എന്താ വെച്ചാൽ എന്റെ ശേഷിച്ച മുപ്പത് മുപ്പത് ലക്ഷത്തിന് അടുത്താണ് ശേഷിച്ചത് ഇത്രയും പേരെ കൊന്നു ഇവറ്റാണ് ഇവിടെ ഒരു ഇന്റണിൽ അപ്പോ എന്താ മറ്റുള്ള ഈ അറുപത് ഒരു മനുഷ്യനൊരു ചോയ്സ് പോണെങ്കിൽ അറുപത് ലക്ഷം പേര് കൊല്ലുകയും ഇതിലെന്താ ഒരു റീസൺ ഫ്രീ വില്ലെന്ന് പറയുന്നത് ഇത്രയും കുടൂര കർമ്മം ചെയ്യാനാണ് ഒരാൾക്ക് ഫ്രീ വില് കൊടുക്കുന്നത് എന്തുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിച്ചില്ല ആ ഇന്റൻഷൻ വന്നുകഴിഞ്ഞപ്പോൾ തന്നെ ദൈവം തെയ്യണം ദൈവ സർവശേഷങ്ങ് മാറ്റി മാറ്റിയാൽ മതിയായി മാറ്റിക്കളഞ്ഞാൽ മതിയായിരുന്നു ഇനി നമുക്ക് അറുപത് ലക്ഷം പേര് ഇവിടെ നരകയാതന അനുഭവിച്ചു മരിച്ചു ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പിന്നെ എന്താ സംഭവിക്കുന്നത് ഇയാളെ നിരവധി കൂടുതൽ ഈ ഒരു വ്യക്തി അനുഭവിച്ച വേദന അത് തുല്യമായിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും ഇയാൾക്ക് വേദന അനുഭവിക്കും അനുഭവിച്ചാൽ അവിടെ നീതിയുണ്ട് പരമാവധി ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ് അവിടത്തെ കഠിനം നടക്കും വേദനകളൊക്കെ അനുഭവിച്ച് ജീവിക്കുകയാണ് ഈ അറുപത് ലക്ഷം പേരുടെ വേദനയ്ക്ക് പകരം ഒരു വ്യക്തിയുടെ വേദന എന്ന് പറയുന്നത് എന്ത് കണക്കാണ് ഒരു കാളയ്ക്ക് ഒരു കോഴി എന്ന് പറയുമ്പോൾ സമസമം ഇതങ്ങനെ ശരിയാവും ഇതിനെന്താ റീസൺ ഉള്ളൂ അത് ശരിയാവും കൊന്നു അതിന് ഇയാളെ ശിക്ഷിക്കുന്നു അയാളെ അനുഭവിച്ച വേദനയ്ക്ക് അവർ ഇയാൾക്ക് വേദന കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് കൊന്നു അറുപത് ലക്ഷം ഒന്നുമായിട്ടങ്ങനെ ശരിയാകുന്നത് അത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് ന്യായീകരിക്കാൻ പറ്റും ഈ വേദനകളങ്ങനെ തുല്യമാവും അവരെ എന്തുകൊണ്ട് അവരുടെ വേദന അവരെന്തിന പേരിലാണ് ഈ വേദന അനുഭവിച്ചത് ദൈവം ഇയാൾക്ക് ചോയ്സ് കൊടുത്തത് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നവരി അവര് ശ്രമിച്ചു അവര് ശ്രമിച്ചപ്പോ അവരെങ്ങനെ ചെയ്തു ഓടിച്ചിട്ട് പിടിച്ച് പിടിച്ചു കൊണ്ടുവന്നു ബലാത്കാരമായിട്ട് കൊന്നു അപ്പൊ അവർക്ക് ഫ്രീ വില്ലില്ല ഈ ഫ്രീ എല്ലാവർക്കും വേണ്ടേ രക്ഷപ്പെടാനുള്ള ഫ്രീ വേണ്ടേ അവർ ഓടി രക്ഷപ്പെട്ടപ്പോ എന്തുകൊണ്ട് അവർക്ക് ഫ്രീ കൊടുത്തില്ല ചോയ്സ് കൊടുത്തില്ല രക്ഷപ്പെടാൻ എന്താ ഇങ്ങനാരും മറുപടി പറയാക്കുദാഹ പറഞ്ഞു ഇതുപോലെ ലോകത്തെ ഒരുപാടികളുണ്ടായിരുന്നു ഒരു ജംഗിസ്ഥാൻ ഉണ്ടായി ഒരു സ്റ്റാലിൻ ഉണ്ടായി പലതരത്തിൽ മനുഷ്യർ കൊണ്ണ ആൾക്കാർ അവിടെയൊക്കെ ഈ ചോദ്യം ഇതെങ്ങനെയാണ് മോറൽ ഇബിൾ സംബന്ധിച്ച് മോറൽ എബിൾ എന്ന് പറയുന്നത് അനുഭവിച്ച ചോദ്യങ്ങളൊക്കെ അവർ അനർത്ഥം മറുപടി പറയുന്നു പിന്നെ ഈ നാച്ചുറൽ അത് സംബന്ധിച്ച് ഈ പറഞ്ഞതെന്താണ് മുന്നറിയിപ്പ് കൊടുത്ത് ശരി മുന്നറിയിപ്പ് കൃത്യമായി കൊടുത്ത് ആൾക്കാർ മാറിയില്ല അങ്ങനെ എന്തെങ്കിലും എന്നാൽ ഇത്യായീകരിക്കാൻ പറ്റും പറ്റും കൃത്യമായി കൊണ്ടുറിയിപ്പ് കൊടുത്ത ആൾക്കാർ മാറി അങ്ങനെ ഒന്നും എന്താണ് ഒരു ചിന്താപരീക്ഷകൾ നടത്തി നോക്കുക എന്നാൽ ഈ നടന്നൊക്കെ ന്യായീകരിക്കാൻ പറ്റും നല്ലവനായ ദൈവം ഉള്ളു പറ്റും ആരും ഉണ്ടെങ്കിൽ ഇല്ല എന്തുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ കൃത്യമായ എന്തരിപ്പോൾ അവർ മാറി അതുകൊണ്ട് ഇത്രയും പേർക്ക് ഇത്രയും നാശാനക്ഷാൽ ന്യായീകരിക്കാൻ പറ്റും പറ്റും മറുപടിയും പറയാൻ ആർക്കും ഇല്ല നിങ്ങള് പറയുന്ന മറുപടി ഞാൻ അംഗീകരിക്കില്ല എന്ന് പേടിച്ചിട്ടാണ് ശരി പറഞ്ഞ അംഗീകരിച്ചു അബദ്ധം പറഞ്ഞ അംഗീകരിച്ച ഇത് എന്റെ കണ്ടുപിടുത്തമാനസിലായ ഇതൊക്കെ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ലോജിക്കൽ ആയിരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവസാനം അവര് ലോജിക്കൽ അല്ല എന്ന കാര്യം പറഞ്ഞാൽ അവിടെ വെച്ച് ഡിബേറ്റ് ചർച്ച അതിന് പറ്റിയിട്ടുണ്ട് ഈ ഫ്ലാറ്റിംഗ് അദ്ദേഹത്തിനും അതുകൊണ്ടാണ് നമ്മുടെ പാശ്ചാത്യ തത്വചിന്തയില് ശങ്കചാര്യ ഒരു തത്വചിന്തകനായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വ്യക്തിരഹിതമായ പല കാര്യങ്ങളും അടിസ്ഥാനപരമായ സ്വീകരിക്കുന്നു പൂർവ്വം അതുകൊണ്ടാണത് സ്വീകരിക്കാറ് അതൊന്നും ഒരിക്കലും ഇന്നത്തെ കാലത്തും നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ട് അത്തരം ഭാഗങ്ങളൊന്നും അവരും നമ്മുടെ സ്വാമിമാരൊക്കെ ഇത് ഇങ്ങനെ ോദിക്കുന്നു എവിടെ ഇപ്പോഴല്ലേ നിങ്ങൾ പറയുന്ന ലോചിക്കില്ല നിങ്ങളും ഇതൊക്കെ ചർച്ച ചെയ്യുന്ന പറ്റത്തില്ല ഇങ്ങനെ അതിന്റെ കാര്യകരണ സഹതം ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നുന്നതിന് ലോചിക്കില്ല ഞാനും ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ മാത്രം അതാണ് അവര് ചർച്ച ചെയ്യാത്തത് നിങ്ങൾ നോക്കുമ്പോ ഈ ഡിബേറ്റുകളിൽ എവിടെയെങ്കിലും ഇവരാരെങ്കിലും ഒരു സംഗതി കൊണ്ടുവന്നിട്ടു കൊണ്ടുവരുത്തി അവരിങ്ങനെയുള്ള ഡിബേറ്റുകൾ വരുമ്പോ അവസാനം അവര് ബൈബിള് കൊണ്ടുവരുമ്പോ അപ്പൊ അവിടെ ചർച്ച ചെയ്തിരിക്കും ഇനി നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഇവരറിയില്ല ബൈബിളും ഖുറാനും വെച്ചൊന്ന് ചർച്ച ചെയ്യാൻ പറ്റും കൊണ്ടുവരാതിരിക്കുകയില്ല നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാണിങ് കേട്ടില്ല വാണിങ് ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ എന്നാ സംഭവിക്കാം അത് ചെന്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറി ചിന്തിക്കണം അതിനും കൂടെ ചിന്തിക്കണം അതാണ് നമുക്കെന്താ തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ് പോലെ കേട്ടിട്ടുണ്ടായി പഴയ കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ പഠിക്കുന്ന ആ എന്ന് പറയാം ഈ നയൻ നോട്ട്സ് ബസ്സിലെന്ന് പറഞ്ഞു ബസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡോട്ടുകളും അതിൻ്റെതായ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡോട്ട് അതിൻ്റെതായ ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് ഡോട്ടുകൾ എന്നിട്ട് പറയും ഈ എല്ലാ ഡോട്ടുകളെയും നേരെയുകൊണ്ട് യോജിപ്പിക്കണം പേന എടുക്കാൻ പാടും വലിയൊരു ചലഞ്ചായിട്ടുകൊണ്ട് ഞങ്ങളൊക്കെ പരസ്പരം മത്സരിക്കുന്ന ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്തെങ്ങനെയാണ് പരിഹരിക്കുന്നത് ആ പുറത്ത് പോയിട്ട് വന്നു പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാലല്ലാതെ ആ ബോക്സിന്റെ പുറത്ത് പോയി വന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഞങ്ങൾ പള്ളിടം പറ്റിക്കുന്നതാണ് ഒരു എന്താണ് ഒരു ദിവസം മുഴുവരുന്ന് ചിന്തിച്ചാലും ശരി ഇതൊരിക്കലും കൂട്ടിക്കൂട്ടിക്കാവുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോ പിന്നെ അന്നത്തെ സമയത്ത് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ എന്താണ് ഇങ്ങനെ ഒരു ബസ്സിന് മുമ്പ് കൊണ്ടുവച്ചു എന്നിട്ടത് യോജിപ്പിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒന്നെണ്ണു വരവരച്ചോ ഇത് ശെരിയാവും ക്ഷമയില്ല അതുകൊണ്ട് ഞാനത് പഠിച്ചാൽ അവനൊരു മിഠായി മാറ്റി കൊടുത്തു ഒരുപാട് കഷ്ടപ്പെടില്ല ശരി ഒരു മിഠായി പഠിച്ചു അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു സത്യം പറയുന്നു എന്റെ കൂട്ടുകാരനൊരു മിഠായി കൊടുത്ത് സ്വന്തം ആക്കിയാണെങ്കിൽ ദുരന്തങ്ങളൊക്കെ നോക്കുക ദുരന്തങ്ങൾ ഇപ്പൊ ഇവിടെ സംഭവിച്ചത് നമ്മളിപ്പോ ഇരിക്കുന്ന സമയമൊക്കെ ഈ സ്ഥലമൊക്കെ ഒരു കാടാതെ ഔട്ട് ഓഫ് ബോക്സ് പോണെന്നു ചിന്തിക്കുന്നത് ഇവിടെ താമസിക്കുന്ന മനുഷ്യർക്കും ഇതുപോലുള്ള നിരന്തരമായി നിരവധി പ്രശ്നങ്ങൾ ഇതൊരു പുതിയ സംഭവമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് വാണിംഗ് കൊണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു പുതിയ സംഭവം എവല്യൂഷന്റെ എന്താണ് ഹ്യൂമൻ എവല്യൂഷൻ സംഭവിക്കുന്നതിന്റെ തുടക്കമാണ് ബോട്ടലിന്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് വായിച്ചു നോക്കിയാണ് ഇന്റർനെറ്റിൽ വായിക്കാം ആസ്ട്രോഫിത്തിക്കസ് െന്ന് പറയുന്ന വിഭാഗം ആദ്യത്തെ അത് കഴിഞ്ഞിട്ടാണ് നടക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കുരങ്ങന്മാരും മനുഷ്യരൊന്നും അല്ല കോമസിലെ എത്രയേ വർഷങ്ങളും പ്രശ്നം തുടങ്ങിയാണ് അവര് നേരിട്ട പ്രശ്നമാണ് അപ്പോ അത് ബോട്ടലിലൊക്കെ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആ ജീവികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞൊന്ന് വിരലിലുണ്ടാവുന്ന ആൾക്കാരായിട്ട് വീണ്ടും എങ്ങനെയോ അതിജീവിക്കും മനുഷ്യൻ ജനം കൊടി തവണയായി ചില മനുഷ്യനും അതിൻ്റെ പൂർവ്വജീവികളും ചിലടൊന്നും അതിജീവിച്ചില്ല അതാണ് ജനോസരൽക്കല്ല അല്ല ഇതൊരു സംഭവമൊന്നുമല്ല ഇതൊരു സംഭവം വെച്ചാൽ ചിന്തിക്കേണ്ട അവിടെ വാണിജ്യം കൊടുത്തോ ഇല്ലയോ അങ്ങനെയല്ല ചിന്തിക്കേണ്ട പല തവണ നമ്മളിങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നേക്ക് ആണ് ഇതുവരെ അപ്പൊ ഈ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം ചോദിക്കും അവിടെയൊക്കെ ചോദിക്കാം എന്തുകൊണ്ട് അവിടെയൊക്കെ ജീവ വർഗങ്ങൾ ഇങ്ങനെ പാടെ അല്ലെങ്കിൽ ഭാഗികമായി നശിച്ചു അത് പ്രകൃതി ദുരന്തങ്ങളാണ് ഇത് നിങ്ങൾ പറയും ഇന്ന കേട്ട പ്രതി അവിടെ മനുഷ്യൻ പോയി അവിടെ പോയി എടിച്ച് നിരത്തി അഭിഷേണ്ടാണെന്ന് അവർക്ക് അവർ എവിടെയെങ്കിലും പോയി മണ്ണടിച്ചോ അവർക്ക് എങ്ങനെ ഈ ദുരിതം സംഭവിച്ചു അവർക്കെങ്ങനെ ദുരിതം സംഭവിച്ചു പിന്നെ ഹോമിയോസാപ്യൻസ് വന്ന് അവർക്ക് പലതോളം നേടേണ്ടി വന്നു പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്നത് ഒരു ഭൂകമ്പം വന്നാൽ മതി കുറെ മനുഷ്യൻ മരിച്ചു സുനാമി വന്നാൽ മതി സുനാമിക്ക് എത്രയും നോളങ്ങളും അന്നൊന്നും മനുഷ്യനൊന്നും ഇതുപോലെ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടൊന്നുമില്ല എന്തിന് എന്റെ കുട്ടിക്കാർക്ക് അമ്മൂമ്മ പറഞ്ഞു കിട്ടു തൊണ്ണൂറ്റി എട്ടിലെ വെള്ളപ്പൊന്നും നൂറ്റി എട്ടിലെ വെള്ളപ്പം അന്നും മനുഷ്യനൂടെ ഇത്രയും ദുരന്തങ്ങളൊന്നും ചെയ്തിട്ടില്ല അന്നും എത്ര മനുഷ്യനും മരിച്ചതെന്നുണ്ടെങ്കിൽ കണക്കില്ല കാരണം അന്നും മനുഷ്യന് കണക്കില്ല ആരാണല്ലോ അപ്പൊ ബോക്സിൽ പുറത്തു ഇവിടെ എല്ലായിടത്തും ചോദ്യം വരും എന്തുകൊണ്ട് ഈ ദുരന്തങ്ങളൊക്കെ ഇത്രയും കാലം സംഭവിച്ചു ഇപ്പോഴത്തെ മാത്രം ഞാൻ ചിലർ കളി സ്മാർട്ട് ആകാൻ കണ്ടി പറയോ ഞങ്ങൾക്ക് ബോക്സ് ഇല്ലെന്നും അതൊക്കെ സ്മാർട്ട് ആകുമെന്ന് പറയുന്നവരുമോ എല്ലാവർക്കും ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ചിന്തക്ക് ബോക്സാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്തക്ക് പരിമിതിയുണ്ട് എന്റെയും നിങ്ങളുടെയുണ്ട് ചിലപ്പോൾ നമ്മളതിനെ അതിജീവിക്കും ചിലപ്പോൾ നമുക്കതിന് കഴിയില്ല അതിനകത്തുകൾ കുരുങ്ങത്തെയുള്ളൂ അതിജീവിക്കണം ഇപ്പൊ ഈ മാനേജ്മെന്റിനൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനമായ സംഭവമാണ് ഇന്നോവേഷനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലേ പറ്റും അല്ലാത്തവർക്കും മാനേജ്മെന്റ് പ്രോബ്ലം ഒന്ന് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ചിന്തിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല അവർക്കിടുന്ന കുരുങ്ങത്തേ ഉള്ളൂ പുറത്തു പോയിട്ടില്ല അതെല്ലാം മനുഷ്യനുമാണ് പ്രശ്നമാണ് ബോക്സ് ഇല്ലാത്തവർ മനുഷ്യനെയും മനുഷ്യൻ അത്രയും സ്മാർട്ട് ആവാൻ പറ്റില്ല അവരുടെ മനസ്സിന്റെ ഘടന അതാണ് വെറുതെ ആൾക്കാർ സ്വയം സ്മാർട്ടാവാൻ വേണ്ടി പറയും എനിക്കങ്ങനെയൊന്നും ഇല്ല അത് ശരിയല്ല എല്ലാവർക്കുമുള്ള പ്രശ്നം തന്നെയാണ് അപ്പോ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് വേണ്ട സംഭവിക്കും അതെന്താണ് കൊറോണവും പുതിയൊരു ദുരന്തമല്ല മനുഷ്യർ പിടിച്ചിട്ടില്ല മനുഷ്യൻ ചെയ്തോണം അല്ലയോ അതൊന്നും കുറപ്പില്ല പക്ഷെ ആകാശത്തുനിന്ന് ഒരു അസ്ട്രോയിഡ് വന്ന് ഭൂമിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യൻ ചെയ്തതെന്ന് നോക്കി പറയാൻ പറ്റിയില്ല മനുഷ്യനല്ലി പങ്കൊന്നും മനുഷ്യരിപ്പം അത് ഒരു ക്ഷുദ്രചിന്ന്രഹം വന്നിങ്ങോട്ടിടിച്ചു മനുഷ്യനെ തടയാനുള്ള വഴിയൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ പോരുഷം നാസപരീക്ഷം നടത്തിക്കൊണ്ടിരിക്കും പക്ഷെ അതിലൊരു പരിമിതിയുണ്ട് അതിലും മരുന്ന് വന്നു കഴിഞ്ഞാൽ കുറെ പരിചയാവും കുറെ പേര് രക്ഷപ്പെടും അപ്പൊ അവിടെ ഒരു ദുരന്തം ദുരിതം മനുഷ്യന് വരുന്നു ഒരു ലോജിക്കലായ ഒരു ഉത്തരം കണ്ടെത്താൻ ഈ പറഞ്ഞാണ് കണ്ടിട്ടില്ല അയാള് നിന്നോട് മറുപടി പറഞ്ഞിരുന്നത് വായിച്ചാ നമ്മളാര വായി വായിക്കാത്തോണ്ടാണോ അത് വായിച്ചിട്ട് മനസിലാവാത്ത എന്താ മറുപടികള് ഇവിടെ സത്യസന്ധനായ ഒരാളെങ്കിലും കണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് അത് ശരിയാണ് കാരണം ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളുണ്ട് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കാരണം ആ ലേഖനം എഴുതിയാണ് റെഫർ ചെയ്തിരിക്കുന്ന പുസ്തകങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളു പക്ഷെ എനിക്കതെ അനുഗ്രഹം വേണം കാരണം ഇത്രയും ആശയം ഇല്ലെങ്കിൽ മനസ്സിലാകണമെങ്കിൽ നമ്മളാ ബുക്ക് മുഴുവൻ വായിക്കണം അത് നമ്മുടെ ഒരു ആയുസുമായി ഒരു മനുഷ്യന് ഇത്രയും ബുക്ക് വായിച്ച് ഇത്രയും എഴുതിയൊക്കെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ അതിനെ കണ്ടു സംഗതി ശരിയാണ് അപ്പൊ അതിന് ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ഡിബേറ്റ് സ്റ്റോപ്പർ മറുപടി അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല അയാൾ പറഞ്ഞ എന്താണ് ബൈബിളിലെ ആദിമഭാവം ആദും അവയൊരു പാവം ചെയ്തത് ആദ്യ ഒരു പാപം ചെയ്തതിന്റെ ഭാഗമായി മനുഷ്യരാശയ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ അതിന് വരുന്ന മറ്റൊരു ഫോർഡ് അപ്പം എന്താണ് നാച്ചുറൽ ലെവലില്ല മോറൽ ലെവലും ആദ്യവും അവയും ചെയ്തത് എന്താണ് മോറൽ ലെവലാണ് അവർക്ക് ഫ്രീ വില്ലുണ്ടായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്തു അവര് മോറൽ വില്ലാണ് സംഭവിച്ചത് അപ്പൊ എല്ലാ നാച്ചുറൽ വില്ലിനും കാരണം മോറൽ വില്ലെന്ന് പറയും പിന്നെ ബൈബിളിൽ ചെന്നത്തും കാരണം അതിനപ്പുറം അവർ മറുപടി പറയാൻ പറ്റത്തില്ല നമ്മളാണെങ്കിൽ എന്ത് പറയും എരി ശ്രുദ്ധരി നമ്മുടെ ഏത് ആയിക്കോട്ടെ അവരും പറയും എന്താണ് ബൈബിൾ ആദിമ തുടക്കത്തിൽ തന്നെ ബൈബിളിന്റെ തുടക്കം ആദിമ പാപത്തിൽ ഈ ആദിമ പാപത്തെ വിമർശിക്കുന്ന ചട്ടം ഡിസാമിന് ഞാനും അവരോട് വന്നു അവിടെ തന്നെ കുഞ്ഞേ ഞാനിപ്പോ നാസ്തികനായോ ഞാൻ എന്തുകൊണ്ട് ഇതിനെല്ലാം ഇതിന് എന്താണ് ഈ ആദിമ പാപം എന്ന് പറയുന്ന ആ വിഷയം ചർച്ച ചെയ്യുമ്പോ ചട്ടമ്പിസ്വാമി ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്നെടുത്ത് പുറത്തു കളഞ്ഞു അപ്പൊ ദൈവ സ്വർഗത്തിലില്ല അങ്ങനെ ഒരു ദൈവത്തിൽ എന്താണ് ആദവും ആമിയും ഇങ്ങോട്ട് ഒന്നില്ലേ പാവൻ ജലി ഞാൻ പിന്നെ ദൈവത്തിനും അവിടെ വേണ്ട എന്നാണ് സ്വാമി തീരുമാനിച്ചു ദൈവം അവിടെ ഇല്ല അവിടെ എന്താണ് ദൈവത്തിനെയും സ്വാമി നിക്ഷേപിച്ചു അതായത് നിങ്ങള് കേൾക്കുമ്പോ ഞാനെന്തോ അവിടെ ഇരുന്ന് പുതിയ കാര്യങ്ങൾ അങ്ങനെ ധരിക്കരുത് ഞാനിതൊക്കെ കൊറേ വായിക്കും പഠിക്കും എന്ന് കുറെ നമ്മുടെ സ്വയം പഠനവും കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അല്ല എന്റെ പേര് അത്ഭുതകരമായിട്ടൊന്നും പക്ഷെ എന്റെ പിന്നെ ഒന്നുണ്ട് എന്താണ് പരിശ്രമം കുറേ ഉള്ളൂ അതില്ലാണത് പരിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ധരിക്കുന്നവര് പരിശ്രമം എന്ന് പറയുന്നത് കഷ്ടപ്പാടുന്നു പരിശ്രമം എന്ന് വെച്ചാൽ നിങ്ങള് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കണി കളിച്ചിട്ടുണ്ട് ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു പരിശ്രമവും തോന്നുന്നു കാണുന്നവർ തോന്നും അത് വലിയ പരിശ്രമവും നമ്മൾ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പരിശ്രമമല്ല ഒക്കെ മേലത്താണ് വാടി പുഴയും അല്ലേ ഏ അപ്പൊ അച്ഛനോമയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഓടിക്കും മടിയെടുത്തുകൊണ്ട് ഓടിക്കും എല്ലാം ഓടിച്ചിട്ടു എന്തുകൊണ്ട് ഈ വെയിലിക്കേരത്ത് കുടിച്ച് നമ്മളെ സംബന്ധിച്ച് പരിശ്രമം കാണുന്നവർക്ക് തന്നെ എന്താ നമ്മളെന്തോ മലമറിക്കുന്നുണ്ടോ അതുപോലെയാണ് അന്വേഷണവും പഠനങ്ങളും കൂടെ നമുക്ക് താല്പര്യം കഷ്ടപ്പാടായിരിക്കും പക്ഷെ പരിശ്രമോടെ സംഭവിക്കും അതുപോലെയാണ് ഈ കാര്യത്തിൽ നമുക്ക് താല്പര്യമില്ലാൽ താല്പര്യം ഉള്ളിൽ നിന്നും വരുന്നില്ല നമ്മുടെ നിലപാട് തന്നെ വേറെയാണ് എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങളുമായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞോളാം ഞങ്ങൾക്ക് ഒതുങ്ങിക്കഴിഞ്ഞു നിങ്ങളിന്ന് പുറത്തിറങ്ങി പ്രചാരണത്തിൽ നോക്കും എന്നാ അതൊക്കെ ഒതുങ്ങിക്കഴിയാൻ നമുക്ക് പറ്റത്തു വരും ഉള്ളിലിരുന്ന് യുടെ ഹൃതനെ പ്രേരിപ്പിക്കുന്നു ഇറങ്ങും പുറത്ത് പത്ത് പേര് കാണട്ടെ അവിടെയാണ് പ്രശ്നങ്ങൾ അവിടെ വിശ്വാസമായിട്ട് ജീവിക്കുക പ്രശ്നങ്ങൾ ആരും ചോദിച്ചു എന്ത് ചെയ്യും നമ്മുടെ ഭരണങ്ങളെല്ലാം അതാണ് ചോദിക്കുന്നത് എന്തുവാണ് വിശ്വാസം ജീവിക്കും നമ്മൾ തന്നെ ഇത് പുറത്തിറങ്ങുമ്പോഴാണ് ചോദ്യങ്ങൾ അങ്ങനെ ഇതിനൊക്കെ ഞാൻ മറുപടി ഏറെ പോയാൽ വീണ്ടും വീട്ടിൽ കോമ്യൂണിക്കേഷനിലാണ് നിങ്ങൾക്ക് എനിക്കല്ല സ്വഭാവം ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം പറയുന്നത് എന്താണ് പ്രകൃതി ഇതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അല്ല നിങ്ങള് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രകൃതികളെന്താണ് പ്രകൃതി എന്ന് പറയുമ്പോ ഞാനിവിടെ ചേർന്നതാണ് പ്രകൃതി മനസിലായി പ്രകൃതിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വമാണ് അല്ലാതെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ കല്ലും മണ്ണും മരങ്ങളും ഞാൻ വേറൊരു സാധനമാണ് അങ്ങനെ പ്രകൃതിയെ മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടെ ചേർന്നാലേ മനസ്സിലാവും പ്രകൃതി അത് മാത്രമല്ല പ്രകൃതി എന്ന് പറയുന്നത് എന്താണോ ഈ ഗാലക്സികളെല്ലാം ചേർന്നാണ് മനസ്സിലാവും അവിടെ ഇപ്പൊ ഞാൻ കരയുന്നു അതൊന്നും ഈ പ്രകൃതി എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിന്റെ അതിന്റെ വിഷയമേ അല്ല പ്രകൃതി എന്ന് പറയുമ്പോ എന്താണ് നമ്മളെ ചുറ്റും കാണുന്നത് പ്രകൃതി നമ്മൾ വേറെ എന്തോ ധരിക്കുന്നതെന്നാണ് പ്രകൃതി ഇതെല്ലാം കൂടി ചേരുന്നതാണ് പ്രകൃതി മനുഷ്യൻ അവിടെ ഇല്ലെങ്കിലും എന്താണോ നിങ്ങളതിന് ദുരന്തം എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് കാട്ടിലും ഉരുൾപൊട്ടി മനുഷ്യരാരും ഇല്ല അവിടെ പ്രാണികളില്ല മരങ്ങളില്ല അതിനൊക്കെ നാശം വരത്തില്ല നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്നുണ്ട് അതും ദുരന്തമാണ് ദുരന്തമായി കാണുകയാണെങ്കിൽ ഇനിയും കുറെ ആൾക്കാർ അവിടെ പോയി അവിടെയൊക്കെ വെട്ടി ഇടിച്ച് നാശമാക്കിയെന്ന് പറയും അതാണോ ശരിക്കും അവിടെ ആദിവാസികളില്ല തേനെടുത്ത് ജീവിക്കുന്നു അവരവിടെ എന്തെങ്കിലും നാശം ചെയ്യുന്നു അവരവിടെ ജീവിക്കുന്നു അവരോട് വിശ്വാസം ഉണ്ടാക്കി അവർക്കൊന്നില്ലേ നാശ അവരെ എന്തിനു ശിക്ഷിക്കുന്നു നമ്മൾ ഈ പത്രവാർത്തയൊക്കെ കാണുമ്പോൾ അതിന്റെ പുറകേ പോകും അതിനപ്പുറം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നു അതിനപ്പുറം ഇതിനകത്തുന്നതിനോ നമ്മൾ ചിന്തിക്കുന്നു അപ്പൊ നിങ്ങൾ പറയുകയാണ് ഇപ്പൊ പറഞ്ഞു ഇതൊക്കെ നാച്ചുറലാണ് എന്ന് പറയാൻ പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ അത് തികച്ച ഭൗതികവാദത്തിലേക്ക് കൊണ്ടാണ് അതിലെ പിന്നെ അൺനാച്ചുറലായി ഒന്നും ഇല്ല അപ്പോ ഈശ്വരനോട് റോളിൽ അപ്പൊ നിങ്ങൾ ബിഗ് ബാങ് തിയറിയിലേക്കും പ്രപഞ്ചവന്ത ചെയ്യുന്നു ഇങ്ങനെ ലക്ഷക്കണക്കിന് പ്രകാശവർഷം വികസിച്ചുകൊണ്ടേയിരിക്കും അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ആ വികാസത്തിന്റെ ഭാഗമായി നമ്മളിങ്ങനെ വയ്ക്കൊണ്ടേയിരുന്നു നമ്മൾ ആകിവിടെ കണ്ടെത്തിയിട്ടുള്ളത് ഫിസിക്സിന്റെ ചില നിയമങ്ങൾ നമ്മൾ കണ്ടെത്തിയത് അതിന് നാളെ മാറുമെന്നറിയില്ല ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ കണ്ടെത്തിയ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നു എല്ല നാച്ചുറലാണ് എന്നുള്ള പ്രകൃതിയുടെ സ്വഭാവം കൂടി അവിടെ തോന്നി അപ്പൊ നമ്മൾ രണ്ടിനെയും പ്രത്യേകം പ്രത്യേകം ഡിഫൈൻ ചെയ്യണം പ്രകൃതി എന്ന് പറയുന്നത് രണ്ട് മനുഷ്യൻ്റെ ഈശ്വരൻ എന്ന് പറയുന്നത് എന്റെ ഡെഫൻഷൻ ഇന്നതാണ് അപ്പോ പ്രകൃതിയുടെ ഡെഫനഷൻ ആണ് നമ്മൾ ഈശ്വരന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഈശ്വരൻ വേറെയില്ല ഈശ്വരൻ വേറെയില്ലല്ലോ ആ പിന്നെ ഇതാണ് എന്താണ് ഈ കല്ലുമുഴന്മാരവും ഗാലക്സികളും ഒക്കെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് വരുന്ന ഏറ്റവും വലിയ അപകടം എന്താണ് ഈ പ്രകൃതിക്ക് അടീരമായി ഈ പ്രകൃതിയെ സൃഷ്ടിച്ച ഒരു ഈശ്വരൻ സമ്മതമാണ് അല്ല അങ്ങനെപക്ഷത്ത് ഇൻസെപ്റ്റ് എന്ന് പറയുന്നത് അദ്വൈതമനുസരിച്ചാ ഇഷ്ടാദ്വൈതമനുസരിച്ചാ ദ്വൈതമനുസരിച്ചാ അതേ കമ്മ്യൂണിസം അനുസരിച്ച് ഏതനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരോ അത് വ്യഖ്യാനിക്കുന്നുണ്ട് ആരുടെ വ്യാഖ്യാനമാണ് ഈ ചോദിക്കുന്നത് ഏ സ്വന്തം ഭിക്കണം ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യ നമുക്ക് ഈശ്വരനെ വിട്ടിടാൻ പറ്റില്ല ഈശ്വരൻ നമുക്ക് വേണം ഈശ്വരനെ വിടാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് പക്ഷെ എന്താണ് ഇതിന് ഇപ്പൊ ഇതൊരു പ്രശ്നമായത് ഇപ്പൊ ഇങ്ങനൊരു സംഭവം നടന്നു നമ്മൾ ചർച്ചയ്ക്ക് ഒന്ന് ചർച്ച ചെയ്തു അത് ആവശ്യമില്ലാത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ നിർത്തിക്കളെ ഏ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പത്രങ്ങൾ വായിക്കുമ്പോൾ പറ്റുന്ന അറിയും ചാനലുകൾ ഇപ്പൊ ചാനലെന്താ ഇപ്പൊ ആൾക്കാർക്ക് എന്താ വാട്സപ്പും യൂട്യൂബും അതേ നീട്ടുന്ന ആളുകൾ വെച്ചൊന്നും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുത് അവർക്ക് വളരെ എന്താണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും വെച്ച് ചിന്തിക്കപ്പെട്ടില്ല ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഈ ലോകത്തെ ചിന്തകന്മാരങ്ങനെ ചിന്തിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് കേട്ടും കണ്ടും ഒന്നും പരിചയമില്ലാത്ത പക്ഷെ നമ്മൾ അതൊക്കെ അതിന്റെയൊക്കെ ആവശ്യം നമ്മളിപ്പോ ഇവിടെ എല്ലാം തികഞ്ഞിരിക്കും പ്രശ്നങ്ങൾക്ക് വരുന്ന ഇത്രയുള്ളൂ നല്ലവനായ ഒരു ദൈവവും ദുരന്തങ്ങളും അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത് എവിഡൻഷ്യൽ പ്രോബ്ലം അതെന്താ പറയുന്നത് വായിച്ചാരങ്ങൾ എന്താ പറയുന്നത് ഏ അവിടെ തന്നെ ഒറ്റ വരെയും സമാധാനെന്താ പറയുക അതായത് വിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് സിവിൽ എന്ന് പറയുന്നത് പറയുന്നത് ഈ പറയുന്ന ദുരന്തങ്ങൾ ഞന്മകൾ ലാഭങ്ങൾ എല്ലാം അതിൽ നിന്നു തെളിവ് അന്വേഷിച്ചു പോകേണ്ട കാര്യമുണ്ട് അത് നമ്മള് അംഗീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇവിടെ പറയുന്നതാണ് ഈശ്വരൻ നൌട്ട് ഈശ്വരനെ നില രണ്ടാമത്തെ പ്രശ്നം ഇതാണ് ഈ രണ്ടാമത്തെ ആർഗ്യുമെന്റ് എവിടെ ലക്ഷ്യപ്പെടുന്നുണ്ടോ എന്താ ഈശ്വരനെ പിടിച്ചത് ഇനി നമുക്ക് സമാധാനിക്കാൻ എന്തെങ്കിലും ഒന്നും വേണോ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ തർക്കവിതർക്കങ്ങളൊക്കെ നമ്മളൊക്കെ വിശ്വാസികളാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നവരാണ് തിന്മ അനുഭവിക്കുന്നവരാണ് അപ്പൊ പിന്നെ നമ്മുടെ ഈശ്വരനെ എങ്ങനെ നിലനിർത്തും അങ്ങനെ കേട്ടോ ഒരാളും ഇപ്പൊ ക്രിസ്ത്യാനിയുടെ ഈശ്വരൻ എങ്ങനെ മുസ്ലിമിന്റെ ഈശ്വരൻ എങ്ങനെയാണോ തുന്നു ഇതെല്ലാം അവരുടെ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്ന ഒരു ബോക്സിന്റെ അകത്ത് അതല്ല അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വസിക്കുന്നവന് ഗുണമുണ്ടെങ്കിൽ ഈശ്വരൻ നിന്നൊക്കെ വിശ്വാസത്തിന് പുറത്ത് ഈശ്വരനെ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം വിശ്വാസത്തിന്റെ പുറത്തേക്ക് ഇഷ്ടം നമുക്ക് പോയിക്കഴിഞ്ഞാൽ നിരവധി പ്രശ്നങ്ങളെ നേരിടേണ്ടി വിശ്വാസത്തെ ആശ്വാസമാണെങ്കിലും നമ്മുടെ വിശ്വാസം തിരിച്ചത് നൂറ് ശതമാനം എന്താശംസ എന്താണ് കോടിക്കണക്കിന് മനുഷ്യർ വിശ്വാസികളാണ് എന്തുകൊണ്ട് വിശ്വാസ ഒരാശ്വാസം അതുകൊണ്ട് തന്നെ അവര് അതുകൊണ്ടാണ് ഇപ്പൊ നാസ്തികന്മാര് പല പല പ്രോസ് പറയുന്നത് നാസികന്മാർ മാത്രം ഡിറ്റർബ് പറയുന്നത് പല പല കൊമ്പാബിലേറ്റിഫുകൾ പല തിയറികളും പല വിലോസഫികളും ഈ പല വിലോസഫികളിലും ഈശ്വരനെ നിഷേധിക്കുന്ന ഈശ്വരനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടലേ ഉള്ളൂ ബാക്കി നിരവധി ബിലോസഭ നിഷേധിക്കുന്നു നമ്മളെ ഇവിടെയാണ് ഈശ്വരൻ നിഷേധിക്കാൻ ഒരു ചാർവാ ആകയുള്ളൂ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഈശ്വര വിശ്വാസത്തെ എടുത്ത് കളയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അവിശ്വസിക്കുന്നവരുടെ ഒരു ബലമാണ് വിശ്വസിക്കുന്നവരുടെ ബലമാണ് അതേത് തരത്തിലുള്ള ഈശ്വരനായാലും ശരി ദേവനായാലും ദേവിയായാലും അള്ളാവായാലും ബ്രഹ്മമായാലും ഏതായാലും ശരി വിശ്വസിക്കുന്നവരുടെ ഒരു ബലമാണ് ഇവരെന്തുകൊണ്ട് വിശ്വാസത്തെ മാറ്റാൻ കഴിയുന്നില്ല കാരണം ഇന്നുവരെ മനുഷ്യന് ഇവർക്ക് ഈ ബലം കൊടുക്കുന്ന വിശ്വാസത്തിന് പകരം വയ്ക്കാൻ ഒന്നും പ്രതി കിട്ടുന്നുണ്ട് അതാണ് ഈ വിശ്വാസത്തെ നിഷേധിക്കുന്നവർക്ക് പകരം വയ്ക്കാൻ അവരുടെ ഇന്ന് കരുതുക പക്ഷെ അത് അവർക്ക് ഉപകരിക്കുന്നു യ്ക്ക യുക്തിവാദിക്ക് ഈശ്വര വിശ്വാസം കൂടാതെ കഴിയാനുള്ള യുക്തിബലം ഉണ്ടായിരുന്നു അവിടെ അയാളുടെ അത് വിജയിക്കുന്നു പക്ഷെ അവർ ഭയങ്കര ഈശ്വര വിശ്വാസികളൊക്കെ വിജയിക്കുന്നത് കാരണം അവന്റെ ബലമെന്ന് പറയുന്നത് വിശ്വാസമാണ് ഇനി അവൻ്റെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ശരി അവൻ വിശ്വാസം കഴിഞ്ഞിട്ടുണ്ട് യുക്തിവാദിയാവും ചില യുക്തിവാദി അത് മേടിച്ചിട്ട് ഈശ്വര വിശ്വാസിയാവും അത്തരം പരിവർത്തനങ്ങൾ മനുഷ്യൻ്റെ സംഭവിക്കും ഇല്ലാതെ പക്ഷെ ഒരാൾ വിശ്വാസത്തെ ഫലമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ വിശ്വാസം ഇല്ലാതാക്കാൻ ഇവർക്ക് ആർക്കും കഴിയത്തില്ല അതുകൊണ്ടാണ് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസികളായി തന്നെ ലോകത്ത് തുടരുന്നത് പിന്നെ എന്തിനു മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ സംഭവിക്കാൻ പാടില്ല മനുഷ്യന്മാർ മാത്രം അതുകൊണ്ട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വിശ്വാസം നമ്മള് മുറുകിടിക്കുക വിശ്വാസത്തിൽ ജീവിക്കുക പിന്നെ വിശ്വാസത്തെ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല വിശ്വാസത്തെ പ്രചരിപ്പിക്കാം അത് വിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് വിശ്വാസമെന്നുള്ള നിലയ്ക്ക് മാത്രം പ്രചരിപ്പിക്കാം മറിച്ച് അവിടെ നമ്മൾ യുക്തിയും ലോജിക്കുമെല്ലാം കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ വെള്ളം കുടിക്കും എടുപ്പാണ് അല്ലാതെ പ്രചരിപ്പിക്കും നല്ല കാര്യമാണ് വിശ്വാസത്തെ വിശ്വാസികളുടെ ഇടയില് വിശ്വാസമായി പ്രചരിപ്പിക്കുമ്പോൾ പോലും നല്ല കാര്യമാണ് വിശ്വാസ നിഷേധികളുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് മനുഷ്യന് മാറ്റങ്ങൾ വരാവുന്നതുകൊണ്ട് ചെറിയാത്ത മാറ്റം വരാം പക്ഷെ അടിസ്ഥാനപരമായി അത് വിജയിച്ചെടുക്കാൻ പ്രയാസം ഡിബേറ്റിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടുകഴിഞ്ഞാൽ അത് വലിയ പ്രയാസം കുറയുന്നു അത് നമ്മളേരോ പോകുന്നില്ല ലോക ശേഷിയില്ലാത്ത ലോകം ഉള്ളത് നടക്കുന്നു ഒത്തിരിയാകും ചില തൊഴിൽ തന്നെയാണ് ചിലരുടെ തൊഴിലിടേറ്റ് അങ്ങനെ നടന്നോ അതുകൊണ്ട് ജീവിക്കുന്നതാണ് പണം സമ്പാദിക്കുന്നതാണ് അതുകൊണ്ട് അവരുടെ ഒരു തൊഴിലാണ് അത് ആ തൊഴിലേക്ക് അറിയിക്കും അത് വേറെ വയസ്സാണ് വിശ്വാസം ബലമാണെന്ന് തോന്നുന്ന ഒരു വിശ്വാസം സംരക്ഷിക്കുന്ന വിശ്വാസത്തെ ജീവിക്കുക എന്നാണ് അവസാനമായി പറയുന്നത് അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചു എന്തുകൊണ്ട് ദൈവം രക്ഷിച്ചില്ല അങ്ങ് ചോദിക്കരുത് ഉത്തരം കിട്ടാത്ത ചോദ്യം പോയി ചോദിച്ചിട്ട് തലവേദന ഉണ്ടാക്കും അതിനുപോകുന്നു